നിങ്ങളിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കളായി ഉപമിക്കുന്നവർ അവർ അവരുടെ മാതാക്കളല്ല അവരെ പ്രസവിച്ചവർ മാത്രമാണ് അവരുടെ മാതാക്കൾ തീർച്ചയായും അവർ പറയുന്ന വാക്കുകൾ നിഷിദ്ധവും അസത്യവുമാകുന്നു തീർച്ചയായും അള്ളാഹു സുഹാനഹുവത്ത് ആല ഏറെ മാപ്പു നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു